സ്ത്രോത്രം നമ്മളെന്നും പല സ്ഥലങ്ങളിലിരുന്ന് ഒന്നിച്ച് കൂടുവാൻ ദൈവം നന്ദി പറയുന്നു നമ്മൾ ചിന്തിക്കുന്ന വാക്യം ഒന്നിയോഹന നാലിൻ്റെ പത്തൊമ്പത് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് നാം സ്നേഹിക്കുന്നു വാക്യം വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹം തോന്നിയ കാര്യം അതായത് വാക്യാണ് എന്നെ കൂടുതൽ ആയിട്ട് എനിക്ക് തോന്നിയത് അതായത് ദൈവം ദൈവമാണ് ആദ്യത്തെ പടിയെടുത്തത് സ്റ്റെപ്പ് ഗോഡ് ഡിഡ് ഫസ്റ്റ് സ്റ്റെപ്പ് ലൗഡസ് എന്നുള്ള കാര്യം നമ്മൾ ബൈബിളിൽ കാണുന്ന ദൈവം ദൈവ സ്നേഹത്തെപ്പറ്റി വർണ്ണിക്കാൻ വേണ്ടി ദൈവം പറയുന്ന ഒരു വാക്യം നോക്കുന്ന ഒരു വാക്യമാണല്ലോ ഐശ്വ ഫോർട്ടി നയൻ ഫിഫ്റ്റീൻ ഐശ്യ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ മകനോട് കരണ്ട് തോന്നാതിരിക്കുമോ അവൻ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കേയില്ല എനിക്കൊരു എപ്പോഴും അമ്മയുടെ ഒരു ഒരു ഹൃദയമാണ് ഞാൻ പലപ്പോഴും ആ ആ കാര്യത്തിൽ എപ്പോഴും ആ കുഞ്ഞിനെ പറ്റിയുള്ള ഒരു ചിന്ത മനസ്സിലുണ്ട് അതാണ് ഇപ്പോൾ കണ്ടില്ലല്ലോ അയ്യോ എന്തിയെ അല്ലെങ്കിൽ ലേറ്റായാലും എന്തിയെ എന്നുള്ളൊരു കൺസേൺ വരുന്ന കാര്യം അമ്മയുടെ ഉള്ളിൽ ആ ഹൃദയത്തിൽ ആ കുഞ്ഞിന് ഒരു സ്ഥാനമുള്ളതുകൊണ്ടാണ് ഞാൻ ദൈവ സ്നേഹവും ദൈവത്തെ സ്നേഹത്തെപ്പറ്റി നമ്മൾ പറയുമ്പം ദൈവത്തിൻ്റെ ഉള്ളിൽ നമ്മളെ പറ്റിയൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് ആ ഒരു കാര്യമാണ് എനിക്ക് എന്തെന്ന് കൂടുതലായിട്ട് മനസ്സിലായ ഒരു കാര്യം ഈ വാക്യത്തെപ്പറ്റി ചിന്തിച്ചു വെച്ചാൽ മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കാം അതായത് വെൻ എന്ന മുതലാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത് എന്തുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചത് ഈ മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു ദൈവം എന്നു മുതലാണ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി നമുക്കറിയാം ഇരമ്യാവ് ഒന്നിൻ്റെ അഞ്ച് പറയുന്ന പോലെ നിന്നെ ഉദ്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു എഫിഷ്യർ ഒന്നിൻ്റെ നാല് വരുമ്പോൾ പറയുന്നത് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ സ്നേഹത്തെ നിലക്കേണ്ടത് നമ്മെ അവൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു മറ്റു ബാക്കി എരമേൽ പറഞ്ഞത് നമ്മൾ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ അറിഞ്ഞു ദൈവം നമ്മൾ നമ്മളെ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാണ് പക്ഷെ ദൈവം അതിനു മുമ്പേ ലോക സ്ഥാപനം ദ ഫൗണ്ടേഷൻ ഓഫ് വേൾഡ് ലോകസ്ഥാപത്തിന് മുമ്പ് നമ്മൾ അക്ബർ പറയാറുള്ളതോട്ട് ജെനിസിസ് വൺ വണ്ണിന് മുമ്പ് ദൈവം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയാണ് ഈ അപ്പോഴേ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മുടെ പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യം ടൈം ഈ ടൈം ചെയ്യാൻ ഈ സമയം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം നമ്മളെ സ്നേഹിച്ചു മറ്റോ മുമ്പേ ദൈവം നമ്മളെ സ്നേഹിച്ചു നമ്മളെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലായാലും ചിന്തിച്ചപ്പോൾ മനസ്സിലായ കാര്യം അതായത് ദൈവം സോളാർ സിസ്റ്റമോ അല്ലെങ്കിൽ ഈ അർത്തോ ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിനുള്ളിൽ നമ്മളെ പറ്റി നമ്മുടെ പേരുണ്ടായിരുന്നു നമ്മളെപ്പറ്റി കൺസേൺ ഉണ്ടായിരുന്നു ദൈവം തൻ്റെ സ്നേഹത്തിലാണ് നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയത് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി മാതാപിതാക്കളെ ഒരുക്കി അല്ലെങ്കിൽ ചർച്ചിനെ ഒരുക്കി അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ദൈവം ഒരുക്കി ദൈവം ആ സ്നേഹത്തിലാണ് നമുക്ക് ഒരുക്കി നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ കൺസേണിൽ നിന്നാണ് ദൈവം ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തത് നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിൽ വായിക്കുന്ന അങ്ങനെയല്ലേ നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിൽ വായിക്കുന്ന കാര്യം എവിടെ എല്ലാം പ്ലാൻഡായിരുന്നു യേശുവിൻ്റെ കാര്യത്തിൽ നമ്മൾ ചില ഭാഗങ്ങൾ വായിക്കുന്നില്ലേ ഇന്ന ഇന്ന കാര്യങ്ങൾ സുശ്രിഷ്ട ചെയ്തിരിക്കുന്ന പോലെ നിവൃത്തിയായി മൊത്തമായി രണ്ടിൻ്റെ പതിനഞ്ച് യേശു ജോസഫ് മരിയും കൊണ്ട തിരിച്ച് മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഇങ്ങനെ മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരമെ ഇറളി ചെയ്തത് നിർത്തിയാവാൻ സംഗതി വന്നു അതിന് രണ്ടിൻ്റെ മത്തായ തന്നെ രണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ അവൻ നസ്രേനെ നിന്ന് വിളിക്കപ്പെടുവാൻ പ്രവാചകൻ മുഖാന്തരം അറലി ചെയ്ത് നിർത്തിയാവാൻ തക്കോണം നസ്ര എന്ന ഗ്രാമത്തിൽ ചെന്ന് അത് നമ്മൾ കാണുന്ന യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ അവിടെ എഴുതിയെന്ന ഫുൾഫിൽ സ്ക്രിപ്ചർ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ദൈവോചനം എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകാൻ വേണ്ടി അങ്ങനെ ചെയ്തു ദൈവം ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിലും കാണുന്നത് സംശയുന്നത് നമ്മളെക്കുറിച്ചും ഇതുപോലെ ഒരു ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ബൈബിൾ പോലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ബുക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ഇതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഇന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് പോയി ദൈവം അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചതുകൊണ്ട് ഇങ്ങോട്ട് പോയി അങ്ങനെ ദൈവം അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എന്തെന്ന് മനസ്സിലായ കാര്യം മറ്റൊരു കാര്യം കഴിഞ്ഞാൽ ശ്രദ്ധിച്ച മുടിനേപുത്ര ഉപമേളില് ലുക്കോസ് പതിനഞ്ചില് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആ വാക്യങ്ങളിൽ അവിടെ മുടിനേപുത്രൻ തിരിച്ച് അപ്പൻ്റെ സന്നിധി വീട്ടിൽ വരുമ്പോൾ അപ്പം പറയുന്ന അപ്പം ദാസന്മാരോട് പറയുന്ന വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിൻ ഇവൻ്റെ കയ്യിൽക്ക് മോതിരവും കാളിന് ചെരുപ്പിടിപ്പിൻ തടുപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവറപ്പി നാം ചെന്ന് ആനന്ദിക്കുക അത് തടുപ്പിച്ച കാളക്കുട്ടി എന്നുള്ള ഞാൻ പിതാവ് മകൻ തിരിച്ചു പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ഒരു കാളക്കുട്ടിയെ തടിപ്പിച്ച് കൊണ്ടിരിക്കുവായിരുന്നു അന്ന് അറക്കാൻ വേണ്ടി മകൻ തിരിച്ചു വരുന്ന ദൈവം നമ്മൾക്ക് അങ്ങനെയാണ് ദൈവം നമുക്ക് എല്ലാം ഒരുക്കി മുന്നമ്മയെ ഒരുക്കി അല്ല നമ്മൾ വന്ന നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം എല്ലാം ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം മുന്നമ്മയൊരുക്കി ഒരുക്കിയെല്ലാം പ്രിപ്പയർഡ് ബിഫോർ ആൻ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി നമ്മുടെ രക്ഷയുടെ കാര്യമാണെങ്കിൽ നമ്മൾ വെളിപ്പാടിൽ യേശുവിനെക്കുറിച്ച് വായിക്കുന്ന വിളിപ്പാട് പതിമൂന്നിന് എട്ടി വായിക്കുന്നത് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാട് എന്നാണ് വായിക്കുന്നത് അതായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ട അതായത് രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കുന്ന കാര്യം നമ്മുടെ രക്ഷയുടെ വേണ്ട കാര്യങ്ങൾ അതിനുവേണ്ടി എഴുതിയിരിക്കുന്ന ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതാണ് ദൈവത്തിന് ഒന്നും സർപ്രൈസല്ല ദൈവത്തിന് ഈ ഇവിടെ നടക്കുന്ന ഇപ്പം നടക്കുന്ന ഒരു കാര്യങ്ങൾ സർപ്രൈസല്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ നമുക്ക് മനസ്സിലാവുന്നത് അതായത് ഇവൻ ഇപ്പോഴത്തെ കൊറോണ ആണെങ്കിലും നമുക്ക് നമുക്കത് വലിയ അത്ഭുതമായിരിക്കും ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു പക്ഷേ ദൈവം ഇത് ഇതെല്ലാം ദൈവം പ്ലാൻഡാണ് ദൈവം ഇതെല്ലാം പ്ലാൻ ചെയ്തതാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നമ്മളെങ്ങനെ ഇതപ്പുറം കിടക്കും ഇതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ ഇസ്രായേൽ മക്കളുടെ കാര്യത്തിൽ വരുമ്പം ഒരു ചെങ്കടലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ സിറ്റുവേഷനിൽ അവൻ പിന്നെ പിന്നീട് നോക്കുമ്പം ഈജിപ്ഷ്യൻ ചൈന്യം അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു മുന്നിൽ ചെങ്കടൽ അവർ അവരുടെ ഒരു ബുദ്ധി പോലും അവർക്ക് തോന്നിക്കാണത്തില്ല ദൈവം ചെങ്കടലിൽ ഉപയോഗിച്ച് ഇവരെ അപ്പുറത്ത് കൊണ്ടുപോകും എന്നുള്ള കാര്യം അവർ ചിന്തിച്ച് പോലും കാണില്ല പക്ഷെ ദൈവം അതെല്ലാം മുന്നമേ പ്ലാൻ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു ദൈവം അവർ അപ്പുറത്ത് ചെങ്കടൽ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോയി നമ്മൾ ഒന്നു പറഞ്ഞാൽ പത്തിൻ്റെ പതിമൂന്നിന് വായിക്കുന്ന വാക്യം മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീത പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ കൂടെ അവൻ പൂക്കൊഴി കൊണ്ടിരിക്കുന്നു അപ്പം ദൈവം ഒരു പൂക്കൊഴി ഒരുക്കിയിട്ടാണ് നമ്മളെ പരീക്ഷയിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലാതെ പരീക്ഷയിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവം വഴി ഒരുക്കല്ല ദൈവം ഓൾറെഡി അവരുടെ പ്ലാൻ ദൈവം വഴി ഒരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടാണ് ദൈവം നമ്മളെ പരീക്ഷയിലേക്ക് കൊണ്ടുപോകുന്നത് പരീക്ഷയിലേക്ക് നടത്താൻ അനുവദിക്കുന്നത് നമ്മൾ പലപ്പോഴും എനിക്ക് ഇതൊരു കോ ഇൻസിഡൻസ് ആണ് പക്ഷേ അതല്ല ദൈവം അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങളങ്ങനെ വന്നത് ദൈവം ആൾക്കാരെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ദൈവം ഓരോ മുഖാന്തരങ്ങളെ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് ദൈവം നമ്മളെ ഒരു പരീക്ഷയിലേക്ക് നടത്തുന്നത് ഇത് നമുക്ക് ശരിക്കും ഒരു ഒരു സെക്യൂരിറ്റി നമ്മുടെ കൂടുതൽ ഒരു ചിന്താഗുലം അല്ലെങ്കിൽ ആകുലത്തിൽ നിന്ന് നമുക്കൊരു സെക്യൂരിറ്റി തരേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അഡ്മിഷൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വറിയിടായിരിക്കും നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി കാലിച്ച് വറിയിടാവുന്നു ബൈബിൾ പറയുന്നത് നമ്മളതിനെപ്പറ്റി വറിയിടാവണ്ട ബൈബിൾ പറയുന്ന ജെൻറ്റൽസ് ജാതികളാണ് ഇതെല്ലാം സീക്ക് ചെയ്യുന്നത് സീക്ക് ഈഗർലി ഫോറിറ്റ് എന്നായിരിക്കും നമ്മളതിനുവേണ്ടി വറി ചെയ്യോ ചെയ്യേണ്ട ആവശ്യമില്ല ദൈവം അത് നമുക്ക് ഒരുക്കി തരും നമ്മൾ മത്തായി ആറിൻ്റെ മുപ്പത്തി മൂന്ന് വായിക്കുന്നതുകൊണ്ട് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും അവിടെ നിറ്റിൽ ിൽ ബി ഫ്രീ വിത്ത് ഇറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മൾ ചെയ്യുക അപ്ലൈ ജോലിക്ക് അപ്ലൈ ചെയ്യണം അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യണം പക്ഷേ അതായിരിക്കില്ല നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ പ്രയോറിറ്റി അവൻ്റെ രാജ്യവും നീതിയുവാണെങ്കിൽ ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അത്ഭുതമായിട്ട് ദൈവം ആഡ് ചെയ്യും ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങൾ പോലും നമ്മൾ നമ്മൾ വിചാരിക്കാത്ത പോലും കാര്യങ്ങൾ നമ്മൾ കാണാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഡ് ചെയ്യുന്നത് നമ്മൾ ആദാമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതായത് ആദാമിന് ദൈവം അവിടെ വന്നപ്പം അതാ ജോലി വേണമായിരുന്നു ദൈവം അവനെ ഒരു ഗാർഡനിലാക്കി ഗാർഡൻ ടേക്ക് എന്നുള്ള ജോലി അവനൊരു വൈഫിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ദൈവം മനസ്സിലാക്കി അവൻ ഒറ്റയ്ക്കാണ് അവനൊരു വൈഫിൻ്റെ ആവശ്യമുണ്ടായിരുന്നത് അപ്പോൾ ദൈവം അവന് വേണ്ടി ഒരു വൈഫിനെ പ്രൊവൈഡ് ചെയ്തു അപ്പം ദൈവത്തിന് നമ്മുടെ നീഡെന്താന്ന് അറിയാം വന്നിട്ട് ദൈവം അത് തക്ക സമയത്ത് അല്ലെ നമ്മൾ വായിക്കുന്നുണ്ട് ഗോഡ് വിൽ ഡു എവറിത്തി ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ടൈം ആ വേണ്ടി വെയിറ്റ് ചെയ്യുക നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദൈവം എന്താണ് നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവം നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പ് സ്നേഹിച്ചു നമ്മളെ തിരഞ്ഞെടുത്തു നമുക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്തു നമുക്കെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് ദൈവം നമ്മളിലേക്ക് അല്ലേക്ക് നടത്തിയതെന്നുള്ളത് അതുകൊണ്ട് നമ്മൾ വറിയിടാവേണ്ട ഒത്തിരി വറിയിടാവേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലായി നമ്മൾ രണ്ട് പത്ത് ദിവസം ഒന്നിൻ്റെ മൂന്ന് വൈകുന്ന ബാക്കിയോണ്ട് തൻ്റെ മൗത്വത്തിൻ്റെയും നമ്മളെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തിക്കും ജീ ദൈവശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനമായി തന്നിരിക്കും അവിടെ ഇത് ഗിഫ്റ്റഡസ് നമുക്ക് നമുക്ക് ഗിഫ്റ്റഡായിട്ട് തന്നെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനമായി നൽകിയിരിക്കുന്ന വഴി ഫിഷ്യൻസ് മൂന്നി പറയുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു അവിടെ നമ്മളെ പ്ലസ് എഴുതിയിരിക്കുന്നതാണ് എഴുതിയിരിക്കുന്നത് അടുത്ത അതായത് എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി കാൽവൽ നമ്മുടെ പാവത്തിന് യാഗമായി അർപ്പിച്ചു ഒന്നിയോഹന നാലിൻ്റെ പത്തിൽ നമ്മളിങ്ങനെ നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മി സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശദ്ധമാകുവാൻ അയച്ചു തന്നത് തന്നെ സാക്ഷാത് സ്നേഹമാകുന്നു നമുക്ക് എല്ലാവർക്കും പരിചയമാക്കി ഓഹന മൂന്നിൻ്റെ പതിനാറിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ ഏകജാതനെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ട ദൈവം ലോകത്തെ സ്നേഹിച്ചു നമ്മൾ സ്വർഗ്ഗത്തിലെ ഏറ്റവും വില വില കൂടിയല്ലേ വാല്യുബിളുടെ പേഴ്സൺ ആരാണ് ചോദിച്ചതായിരുന്നു അത് യേശു ആയിരുന്നു നമ്മളൊരു പാട്ടിൽ ഇംഗ്ലീഷിൽ പാട്ടിൽ പറയുന്നിട്ട് ഡിലൈറ്റ് ഓഫ് ഹെവൻ സ്വർഗത്തിൻ്റെ ആനന്ദംത്തുന്നതായിരുന്നു പറഞ്ഞത് ആ ഒരു യേശുവിനെയാണ് നമുക്ക് വേണ്ടി ക്രൂശില് യാഗമാകാൻ പിതാവ് വായിച്ചത് ഒന്ന് കൊളോഷ്യൻസ് ഒന്നിൻ്റെ ഒന്നിൻ്റെ യേശുവിനെ മുതൽ പറയുന്ന അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്ക് ആദിജാതനുമായിരുന്നു സ്വർഗത്തിലും ഭൂമിയിലുള്ളതും സ്വർഗത്തിലും ഭൂമിയിലുള്ളതും ദിവ ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വമാകട്ടെ വായ്പകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരം അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടിരുന്നു അവൻ സർവത്തിന് മുൻപേ ഉള്ളവനോ അവൻ സകലത്തിനും ആധാരമായിരുന്നു ഇതാ യേശുവിനെ കുറിച്ചുള്ള എഴുതിയിക്കുന്ന ഒരു പാസേജാണ് ഒന്നിന്റെ പതിനഞ്ച് പതിനാറ് പതിനേഴിൽ പറയും അത്രയും ഈ ഈ ഈ ഒരു യാഗം അർപ്പിച്ച ഞാൻ എനിക്ക് വരുന്നു ദൈവം ഒരു ത്രാസ്സിൽ നമ്മളെ ഒരു സൈഡ് വെച്ചിട്ട് ദൈവം മറ്റേ ത്രാസ് വെച്ചത് യേശുവിനെയാണ് അതായത് സ്വർഗ്ഗത്തിലെ ഏറ്റവും വില വില കൂടിയ ലെവലിലുള്ള ആളെയാണ് ദൈവം ആ ത്രാസ് അപ്പോൾ കാണിക്കുന്ന കാര്യം നമുക്ക് അതായത് ചില നമ്മൾ കയറില്ല ചില പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ഒരു ഹാൻസം എമൗണ്ട് ഒരു എമൗണ്ട് ചോദിക്കുന്നത് അപ്പം വീട്ടുകാർ പലരും ഉള്ളതെല്ലാം വിറ്റ് പിറക്കി കൊടുത്ത കുഞ്ഞു കുഞ്ഞിനെ രക്ഷിക്കുന്നു പറയുന്ന അതെന്ന് പറഞ്ഞിട്ട് ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ഏറ്റവും വില കൂടിയ സംഭവമാണ് ദൈവം അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ വ്യക്തിയാണ് ദൈവം കൊടുത്തത് മാർക്ക് ടെൻ ഫോർട്ടി ഫൈവില് ഇങ്ങനെ ബാക്കിയുണ്ട് മനുഷ്യപുത്രൻ അന്യർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലേക്ക് കൊടുപ്പാൻ അത്ര വന്നത് മുന്നൂറ്റി മൂത്തി ദിവസം ഇങ്ങനെ പറയുന്നു എല്ലാവർക്കും വേണ്ടി മറുവിലെ തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തേശു തന്നെ ഇപ്പോൾ ദൈവം നമ്മളെത്രമാത്രം വാല്യൂ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമ്മളിതിന് മനസ്സിലാക്കുന്നത് അതായത് ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി എത്ര അധികം ദൈവം നമ്മളെ വേണ്ടി കരുതുന്നുള്ള ഒരു വാക്കിയുണ്ടല്ലോ അതെ ദൈവം നമുക്ക് വേണ്ടി നമ്മൾ നമ്മളെന്താ നമ്മളെ സിനിമസായിരുന്നു നമ്മളെ പാപികളായിരുന്ന സംബന്ധിച്ചാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത് അല്ലെങ്കിൽ റോമൻ സഞ്ചിൻ്റെ എട്ടി പറയുന്ന ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരുന്നു റോമർ അഞ്ചിൻ്റെ പത്തി പറയുന്നത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ ഇതിനുശേഷം നാം അവൻ്റെ ജീവനിൽ എത്ര അധികം രക്ഷിക്കപ്പെടും ദൈവം നമ്മൾ ആരുന്ന അവസ്ഥയിലാണ് ദൈവം നമ്മളെ സ്വീകരിച്ചത് നമ്മൾ ചെറുപ്പക്കാരായിരിക്കുമ്പം നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു പോകാൻ ചാൻസ് ഇടയാകും ചിലപ്പോൾ ഒരു ഭാവത്തിൽ വീണ്ടും പക്ഷേ ദൈവം ദൈവത്തിലേക്ക് ദൈവം ദൈവം ആഗ്രഹിക്കും നമ്മൾ മടങ്ങി വരിക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നമ്മൾ വിശുദ്ധരായിട്ട് മടങ്ങി വരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നമ്മള് ആയിരിക്കുന്ന അവസ്ഥയിലാണ് ദൈവം നമ്മളെ സ്വീകരിക്കുന്നത് നമ്മൾ മുടിയനപുത്ര കഥമേ കട കഥയിൽ അതാണല്ലോ കണ്ടത് അതായത് മുടിയനപുത്രൻ തുടങ്ങി വന്ന് റോപ്പും അല്ല കോട്ടും റിങ്ങും ഇതെല്ലാം ഇട്ടോണ്ടല്ല വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാണ് പിതാവ് ഇതെല്ലാം അവന് വേണ്ടി ഒരുക്കിയിട്ട് എല്ലാം കൊടുക്കുന്നത് നമ്മളായിരിക്കുന്ന അവസ്ഥയെ ദൈവസന്നിധിച്ചില്ല എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഒരു ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടാവും നമ്മളെ മടങ്ങി വരാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് നമ്മൾ മുടിനേ ഉപമയിൽ തന്നെ ഒരു എക്സാമ്പിൾ കാണാറുണ്ടല്ലോ അതായത് മുടിനേ പുത്രൻ്റെ കണ്ടിട്ട് പിതാവ് ഓടി വന്നെന്ന് പറയുന്നു അപ്പം മുടിനേപുത്രൻ്റെ പിതാവ് പിതാവ് അവിടെ നോക്കി എല്ലാ ദിവസം വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എല്ലാ ദിവസം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു മകൻ വടന്നു വരുന്നത് എന്നാ മകൻ കടന്നു വരുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അന്ന് വന്ന ദിവസം ദൂരെ നിന്ന് കണ്ടു പറ്റിയത് എന്ന് ദൈവം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മളെ സ്വീകരിക്കാൻ ദൈവം റെഡിയാണ് ദൈവം നമ്മൾ കടന്ന് തിരിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ പിന്നെ വായിക്കുന്നത് അതായത് അവിടെ സെലിബ്രേഷൻ ആനന്ദിക്കുക എന്ന് പറയുന്നത് അതായത് നമ്മൾ സ്വർഗത്തിൽ തിരിച്ച് സ്വർഗത്തിൽ അവിടെ ഒരു ആനന്ദമാണ് ആക്ച്വലി നമ്മൾ തിരിച്ച് ചെന്ന് കഴിയുമ്പം സ്വർഗത്തിൽ അവിടെ ഒരു ആനന്ദമാണ് ഇത് മനസ്സിലായി വേറൊരു കാര്യം അതായത് നമ്മൾ നമ്മളെ ദൈവം നമ്മളായിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളും പലപ്പോഴും യങ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ നമ്മുടെ ബൗണ്ടറീസ് അല്ലെങ്കിൽ നമ്മുടെ നമുക്കുള്ള ലിമിറ്റേഷൻസ് ഒന്നും പലപ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല നമ്മൾ വിചാരിക്കും എന്താണ് ദൈവെന്നെ ഇങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ എന്താണ് എനിക്ക് കുറച്ചുകൂടെ നേരം ഇല്ലല്ലോ നമുക്ക് നിങ്ങളോ ഇല്ലല്ലോ അല്ലെങ്കിൽ വണ്ണം കൂടിപ്പോയല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം ഫസ്റ്റ് നമ്മുടെ നമ്മളെ മാത്രമല്ല നമ്മുടെ ദൈവം തന്നിരിക്കുന്ന പേരൻസ് ആയാലും നമ്മൾ നമ്മളെ തന്നെ നമ്മളവരെയും ദൈവം നമുക്ക് തന്നവരായിട്ട് അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ ജീസസിൻ്റെ ഒരു ലാസ്റ്റ് ജോൺ സെവൻറ്റീൻ സിക്സില് ജസ് പ്രാർത്ഥിക്കുന്ന ഡിസൈപ്പിൾസിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടെ പറയുന്നത് ശ്രദ്ധിച്ച ഒരു കാര്യം ഇതായത് നീ ലോകത്ത് നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യരെ ഞാൻ നിന്റെ നാം അവർ നീ നിനക്കുള്ളവരായിരുന്നു നീ അവരെ എനിക്ക് തന്നു അവർ നിൻ്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു എവിടെ മനസ്സിലാക്കിയതായത് ലോക നീ എനിക്ക് വേണ്ടി തന്ന നീ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ എന്നുള്ള രീതി ദൈവം നമുക്ക് വേണ്ടി തന്ന എന്നുള്ള ഒരു ബോധ്യത്തിലാണ് നമ്മളായിരിക്കും നമ്മുടെ പേരൻസായാലും അല്ല ദൈവം നമുക്ക് വേണ്ടി മുന്നമയോ ഒരുക്കിയവരാണ് എന്നുള്ള ഒരു കാര്യം നമ്മളത് മനസ്സിലാക്കി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നമ്മൾ പറയുന്നത് നമ്മൾ നമ്മൾക്ക് ദൈവം ഒരു ബൗണ്ടറി വരച്ചിട്ടുണ്ട് ആ ബൗണ്ടറിക്കകത്ത് നമ്മൾ വിശ്വസ്തരായിട്ട് നിൽക്കുന്നുള്ളതെന്നാണ് ദൈവം നോക്കും നമ്മൾ അവിടെ നിന്ന് പിറുപുറക്കുകയോ ഇത് ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല നമ്മൾ ഒന്നുകൂന്നിരും പത്തിൻ്റെ പത്തിൽ അവിടെ വായിക്കുന്ന ഇസ്രായേൽ മക്കളെ പറ്റി പറയുന്ന അവർ പെറുപുറത്ത് അവർ നശിച്ചു പോയി അത് ദൃഷ്ടാന്തമായിട്ട് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് അങ്ങനെ അവർക്കും അങ്ങനെ സംഭവിച്ചില്ല ലോകാവസാനം വന്നെത്തിയിരിക്കും നമുക്ക് ബുദ്ധി ഉദ്ദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്നെഴുതി പറഞ്ഞിരിക്കുന്നു നമ്മൾക്ക് അപ്പം ദൈവം തന്നിരിക്കുന്ന പേരൻസ് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ഒരു ബൗണ്ടറി ദൈവം വരച്ചിട്ടുണ്ട് ലിമിറ്റേഷൻസ് പല ലിമിറ്റേഷൻസ് കാണും നമുക്ക് വേണ്ടവരുടെ അത്രയും കാശ് കാണത്തില്ല അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിട്ടില്ല നമ്മുടെ പേരൻസിന് കഴിയുന്നില്ലായിരിക്കും പക്ഷെ ദൈവം ദൈവം ഇതെല്ലാം അറിഞ്ഞ് നമ്മളും നേരത്തെ ചിന്തിച്ച പോലെ ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം പ്ലാൻ ചെയ്തതാണ് ആ പ്ലാൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ദൈവം പേരൻസിനെ മറ്റ് കാര്യങ്ങളെല്ലാം ലിമി നമ്മുടെ വീടായാലും എല്ലാം ദൈവം ഒരുക്കിയത് ചിലപ്പോൾ നമ്മളുടെ ഈ നമുക്ക് നമ്മൾ ചോദിക്കും നമുക്ക് കുറച്ചുകൂടെ ഇതുണ്ടായി കുറച്ചുകൂടെ അത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യും പക്ഷെ നമ്മൾ ചിലപ്പം അങ്ങനെ ആയിരുന്നു നമ്മളിപ്പം വഴി തെറ്റിപ്പോയതിനും ദൈവം അത് അറിഞ്ഞുകൊണ്ട് ദൈവം അത് റൈറ്റായിട്ടുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നൊരു കാര്യമാണ് മനസ്സിലായത് നമ്മൾ വിചാരിക്കും നമ്മൾക്ക് നമുക്ക് മാത്രം എന്താ ഇങ്ങനെ പക്ഷേ ദൈവം എല്ലാവർക്കും സ്പെസിഫിക്കായിട്ട് അവരവരുടെ നീഡ് അറി അവരവരുടെ നേച്ചർ അല്ലെങ്കിൽ അവരുടെ നീഡിനനുസരിച്ചാണ് ദൈവം പ്രൊവൈഡ് ചെയ്തതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം അടുത്ത നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് വൈ എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മൾ റോമർ ഒമ്പതിൻ്റെ പനിച്ച് കായ്ക്കുന്നത് എനിക്ക് കരണ തോന്നണം എന്നുള്ളവനോട് കരണ തോന്നുകയും എനിക്ക് കലിവ് തോന്നണം എന്നുള്ളവനോട് കലിവ് തോന്നുകയും ചെയ്യും എന്നും അവൻ മോശയോട് അറി ചെയ്തു അതുകൊണ്ട് ഇച്ഛിക്കുന്നവനോ അല്ല ഓടുന്നവനോ അല്ല കരന്ന് തോന്നുന്ന ദൈവത്താൽ അത്രയും സകലം സാധിക്കുന്നത് നമുക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിച്ചതെന്നുള്ളത് നമുക്ക് പലപ്പോഴും ഇവിടെ ഭൂമിയിൽ എന്നുള്ള ഒരു ഉത്തരം കംപ്ലീറ്റ് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ സ്വർഗത്തിൽ കഴിയുമ്പം എനിക്ക് നമുക്കതിനൊരു കംപ്ലീറ്റ് ഉത്തരം കിട്ടുന്നത് നമ്മളിതിനൊന്നും ഡിസേവ് ചെയ്തില്ല ദൈവം നമ്മളെ പിക്ക് ചെയ്യുമായിരുന്നു അല്ലെ നമ്മുടെ ദൈവത്തിൻ്റെ സോവറൻറ്റിയിൽ ദൈവത്തിൻ്റെ ഒരു സർവാധിപത്യത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്താണ് നമ്മള് യേശാവിനേം യാക്കോവിനെ പറ്റി വായിക്കുന്നുണ്ടല്ലോ റോമർ അവിടെ തന്നെ ആ പാസേജ് തന്നെ വായിക്കുന്ന റോമ റോബോ വായിക്കുന്ന മൂത്തവൻ ഇളവനെ സേവിക്കുമെന്ന് അവനോട് അറിയിച്ചെയ്തു അപ്പോൾ നമ്മൾ വായിക്കുന്നത് അതായത് യാക്കോബും യേശാവും അവർ ജനിച്ചിട്ട് കൂടിയില്ല അതിനു മുമ്പേ ദൈവം യാക്കോബിനെ തെരഞ്ഞെടുത്തു അവർ ജനിച്ചവരെന്തേലും വളരെ പ്രവർത്തിയും അത് കണ്ടിട്ടല്ല ദൈവം എടുത്ത് ദൈവം യാക്കോവിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്നും ദൈവം മറ്റ് ഒത്തിരിയും ആൾക്കാരും നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളവരും നമ്മളെ കളിച്ചക്തന്മാരുമായി ഒത്തിരി പേരുണ്ട് പക്ഷേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹമാണ് അത് കാണിക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ ഒരു കാര്യം മാത്രം മതി നമുക്ക് നിത്യതെ മുഴുവൻ അല്ലെങ്കിൽ ഭൂമിയിലെ ജീവിതത്തെ മുഴുവൻ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയുന്നു ഞാൻ ഈ കാര്യം നമ്മൾ വേണ്ടത് പോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ദൈവത്തോടെ കൊസ്റ്റിൻസൊന്നും കാണത്തില്ല പോലെ ദൈവം എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ലെന്നുള്ള ക്വസ്റ്റിൻസ് അല്ലെ ഡിമാൻഡ്സൊന്നും നമുക്ക് പലപ്പോഴും കാണത്തില്ല കാര്യം നമ്മളത് വേണ്ടതോട്ട് കാണാത്ത കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തുകൊണ്ട് എനിക്കിങ്ങനെ അല്ലെങ്കിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതാണ് അത് അത് കണ്ടു കഴിഞ്ഞാൽ അത് വേണ്ടതോട്ട് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് പോലും കാണത്തില്ല എന്നാണ് മനസ്സിലായ ഒരു കാര്യം നമ്മൾ ഞാൻ ചാൾസ് ഫെസ്ലിയുടെ ഒരു ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട് ana thoru line inganeyana its mercy all immense and free for oh god it found out me and the course ingana amazing love how can it be that thou my god should die for me alpadava sneham inde deivam enikku vandi ond marikkanu cheyathu aa oru alpadava snehathapettiyana aa paattu valtra alpadavathaya oru paattana namme namme chindicha moonu karyangal aanu annu deivam ദൈവം എന്ന് മുതലാണ് നമ്മളെ സ്നേഹിച്ചത് ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് എന്തുകൊണ്ട് നമ്മളെ സ്നേഹിച്ചു എന്നുള്ളൊരു കാര്യം ഇത്രയും മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് ഞാൻ ആ ഭാഗത്തതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹത്തെപ്പറ്റി അവരല്ലോ നമ്മളവൻ ഞാൻ അവ നമ്മള ദൈവത്തെ സ്നേഹിക്കുന്നതിനെപ്പറ്റിയാണ് ആ ഭാഗം അവിടെ പറയുന്നത് നമ്മൾ എങ്ങനെയാണോ അറിയുന്നത് നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഈ ഓഹനാൻ പതിനാല് പണിച്ച് നിങ്ങളെന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനങ്ങളെ കാത്തുകയുള്ളൂ നമ്മളെ കൽപ്പനങ്ങളെ കാക്കുന്നതിലൂടെയാണ് നമുക്കറിയാം ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്ന് ഒന്ന് ഓഹ്നാലിൻ്റെ ഏഴിൽ പറയുന്ന സ്നേഹം ദൈവത്തു നിന്ന് വരുന്നു സ്നേഹിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് ജനി സ്നേഹിക്കുന്നവരെ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചു ജനിച്ചിരിക്കുന്നു ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം സ്നേഹം തന്നെ വേറെ ബാക്കി റോമർ അഞ്ചിൻ്റെ അഞ്ച് നമ്മൾ വായിക്കും സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പശുതാത്മാവിലാണ് നമ്മുടെ ഹൃദയത്തിൽ പാർന്നിരിക്കുന്നത് നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് ദൈവ സ്നേഹം പാർന്നിരിക്കുന്നത് പശുതന്മാവനിലൂടെയാണ് പശു ആത്മാവിൻ്റെ ഫലങ്ങളിൽ ആദ്യത്തെ ഫലമാണ് സ്നേഹമെന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് തോന്നുന്ന നമുക്ക് മനസ്സിലാവുന്ന കാര്യം നമ്മുടെ ദൈവത്തെ വേണ്ടവട്ട് സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ കാണും നമുക്ക് ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തു ഉണ്ടാക്കാൻ പറ്റുന്നല്ല ഈ സ്നേഹം ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പശുതന്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വരേണ്ട കാര്യമാണ് നമ്മൾ ഒന്നു വഹനാൻ രണ്ടിനഞ്ചും വായിക്കുന്നു എന്നാൽ എല്ലാ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവന് ദൈവസ്നേഹം വാസ്തമായി തികഞ്ഞിരിക്കുന്നു നമ്മൾ ദൈവസ്നേഹം തിക തികഞ്ഞിരിക്കണേ തിക തികയതിനെ പറ്റി പരിധി അവിടെ പറയുന്നത് നമ്മൾ വചനം പ്രമാണിക്കുവാണെങ്കിലാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ വാസ്തമായി തികഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവം നമ്മളെ സ്നേഹിച്ചത് കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹം വരുന്നത് നമ്മൾ വേണ്ടതോട്ട് ആക്ച്വലി ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ നമ്മൾ എഫിഷ്യൻസിൽ പോകേണ്ട പ്രയറുണ്ടല്ലോ എഫിഷ്യൻസ് ത്രീ സെവനിൽ അതുമായി അതുപോലെ ഞാൻ നിർത്താം നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായ വീതിയും നീളവും ഉയരവും ആഴവും എന്തുമെന്നും സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹീപ്പാൻ പരിജ്ഞാന ത്തെ കവിന്ന് ക്രിസ്തുവിൽ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ നാം ചോദിക്കുന്നതിൽ നിനക്കുന്ന അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു ക്രിസ്തു തലമുറ തലമുറയെ മൊത്തം ഉണ്ടാകട്ടെ ആമേൻ ഒരു വാക്യമാണ് നമ്മൾ ഫിഷ്യൻസ് മൂന്നിൻ്റെ പതിനേഴ് തൊട്ട് ഇരുപത്തൊന്നോടെ വാക്യാണ് വായിച്ചത് പോള് പ്രാർത്ഥിക്കുന്നതൊട്ട് നമ്മൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും കൂടുതൽ അറിയുവാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും നമുക്കും ഇടവരട്ടെ നമ്മളെല്ലാവരും അനുഗ്രഹിക്കുവാ